ിഥ്യാജ്ഞാനം ഒരാൾക്ക് ഉണ്ടാവണമെങ്കിൽ എന്തു വേണം കയറ്റിലും സർപ്പത്തെ കാണണമെങ്കിൽ അയാള് എന്തെങ്കിലും ഒന്നിനെ കാണും അവിടെ ഇത് എന്നൊന്നിനെ അറിയണം ഇത് എന്നൊന്നിനെ അറിയണമെങ്കിൽ കാണണം ഇന്ദ്രിയത്തിന്റെ സഹായത്തോടു കൂടിയേ ുണ്ടാകും അപ്പോ ഒരു ഭ്രാന്തി അല്ലെങ്കിൽ ഭ്രമം അല്ലെങ്കിൽ മിക്ക ജ്ഞാനം അസത്യദർശനം ഇതൊക്കെ വരണമെങ്കിൽ അവിടെ ഇന്ദ്രിയങ്ങളുടെ സഹായം വേണം ഈ പറയുന്ന രണ്ട് ഉദാഹരണങ്ങളിലും അത് വേണം ഏത് മുത്തിച്ചുപ്പിയിൽ വെള്ളിയെ കാണുന്നിടത്തും കയറ്റിൽ ചെറുപ്പത്തെ കാണുന്നിടത്തും എല്ലാം അവിടെ ഇന്ദ്രിയങ്ങളുപയോഗിക്കുന്നു ഇന്ദ്രിയങ്ങൾ എന്തോ എന്നതിനെ അറിയുന്നുണ്ട് ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങളാകുന്ന കർണങ്ങൾ ഇന്ദ്രിയങ്ങളാകുന്ന കർണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടായത് മിഥ്യജ്ഞാനുണ്ടാവുന്നു ഒന്ന് സമ്മതിക്കേണ്ടി വരും എന്തുകൊണ്ട് ഇതൊന്നും ഒന്ന് അവിടെ കാണുന്നില്ല അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ ഒരാൾക്ക് യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകും എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു ഞാൻ ചക്ഷുന്ദ്രിയം എന്ന് പറയുന്നത് ഇതിന് കാരണമാണ് അപ്പോൾ ചക്ഷുരേന്ദ്രിയത്തിലൂടെ എന്ത് ചെയ്യുന്നു ഞാൻ ഈ പുസ്തകത്തെ അറിയുന്നു അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ സാധനം സംഭവിക്കുന്നത് എന്താണ് യഥാർത്ഥ ജ്ഞാനമാണ് അപ്പോൾ യഥാർത്ഥ ജ്ഞാനത്തിന് കാരണമായിരിക്കുന്ന ഈ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് ബ്രഹ്മജ്ഞാനത്തെ ഉണ്ടാക്കുന്നതെന്നാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇന്ദ്രിയങ്ങളെന്ത് ജ്ഞാനമാണ് നമുക്ക് ഉണ്ടാക്കുന്നത് യഥാർത്ഥ ജ്ഞാനത്തെയാണ് പറയുന്നത് അധീന ഇന്ദ്രിയങ്ങൾക്കും മറ്റും സമീചന ജ്ഞാന ഉപജനെ യഥാർത്ഥമായ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതിൽ സാമർഥ്യം ഉപലബ്ധം സാമർഥ്യമുണ്ട് ഇതി അക്കാരണത്താൽ കഥം എപ്രകാരമാണ് ഇന്ദ്രിയങ്ങളിൽ നിന്ന് മിഥ്യാജ്ഞാന സംഭവം അങ്ങനെ ഭ്രാന്തി ഉണ്ടാകും അതിന് സമാനം പറയാണ് ദോഷസൈതാനാം തേശാം മിഥ്യാപ്രയേവി സാമർഥ്യം സമാനം ആര് പറയുന്നു ആത്മഖ്യാതി പറയുന്നു ആത്മഖ്യാതിവാദി പറയുന്നു ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എപ്പോഴും ഉണ്ടാകുന്നത് ശരിയായ ജ്ഞാനം തന്നെയാണ് പക്ഷേ ഇന്ദ്രിയങ്ങളിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ എന്ത് വരാം മിഥ്യാജ്ഞാനം ഉണ്ടാകാം മഞ്ഞപ്പിത്തം ബാധിച്ചവൻ എന്ത് ചെയ്യുന്നു ശങ്കുന് മഞ്ഞയായിട്ട് കാണും ശംഖുമകളുടെയാണ് മിഥ്യാജ്ഞാനമാണ് തിരം ബാധിച്ചവൻ ചന്ദ്രനെ രണ്ടായി കാണുന്നു മിഥ്യാജ്ഞാനം ഇവിടെയൊക്കെന്താ സംഭവിച്ചിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്ക് ദോഷം ദോഷം സംഭവിച്ചിരിക്കുന്നോണ്ട് എന്താണ് മിഥ്യാജ്ഞാനം ഉണ്ടാകും ഇത് മനുഷ്യരുടെ അനുഭവത്തിലുള്ളതാണ് മിഥ്യാജ്ഞാനം ഇന്ദ്രിയങ്ങളിലൂടെ യഥാർത്ഥമായ ജ്ഞാനമേ ഉണ്ടാകുന്നില്ല മിഥ്യാജ്ഞാനവും ഭ്രാന്തിയും ഉണ്ടാകാം എന്നാർ പറയുന്നു ദോഷസഹിതാനാം ദോഷങ്ങളോട് കൂടിയ ദേഷാന്ന് വെച്ചാൽ ഇന്ദ്രിയാദീനാം മിഥ്യാപ്രാമർഥ്യം ഭ്രാന്തി ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതിനും സാമർഥ്യം ശേഷിയുണ്ട് ഇത് ചെയ്താണെങ്കിൽ ദോഷാണാം കാര്യ ഉപജന സാമർഥ്യ വിഘാതമാത്ര ഹേതുത്വ പറയുന്നു ഈ പറയുന്നത് ശരിയല്ല എവിടെയെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിൽ ദോഷമുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്താണോ കാര്യം ഉണ്ടാകേണ്ടത് ഒരു കാരണത്തിൽ ദോഷം കഴിഞ്ഞാൽ ആ കാര്യം ഉണ്ടാകത്തില്ല അത്രയും സംഭവിക്കൂ ദോഷമുള്ളത് കൊണ്ടത് നേരെ വിപരീതമായ വേറൊരു കാര്യത്തെ ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല മനസ്സിലായ ഒരു കാരണത്തിൽ ഒരു ദോഷമുണ്ടെങ്കിൽ വിപരീതമായൊരു കാര്യത്തെ ഉണ്ടാക്കത്തില്ല മറിച്ച് എന്താണ് അതിന്ന് കാര്യം ഉണ്ടാകത്തില്ല അത്രേ ഉള്ളൂ നിങ്ങൾ പറയുന്ന എന്താണ് ഇന്ദ്രിയങ്ങൾക്ക് ദോഷമുള്ളതുകൊണ്ട് ഭ്രാന്തിജ്ഞാനം യഥാർത്ഥ ജ്ഞാനത്തിന് നേരെ വിപരീതമാണെന്ത് ഭ്രാന്തിജ്ഞാനം ഇന്ദ്രിയങ്ങള് യഥാർത്ഥ ജ്ഞാനത്തിന് വേണ്ടിയുള്ളതാണ് അതിന് ദോഷങ്ങളുണ്ടായാൽ അത് അത് ഇന്ന് ഭ്രാന്തിജ്ഞാനം ഉണ്ടാകത്തില്ല പറയുന്നത് ദോഷമാണ് ഇന്ദ്രിയങ്ങളുള്ള ദോഷങ്ങൾക്ക് കാര്യ ഉപജന സാമർഥ്യ വിഘാതം മാത്രേ കാര്യത്തിന്റെ സൃഷ്ടി അതിനുള്ള സാമർഥ്യം സാമർഥ്യത്തെ വിഘാതം നശിപ്പിക്കുന്നു അതിൽ മാത്രമാണ് അതിൽ ദോഷങ്ങൾ കാരണമായിരിക്കുന്നു ദോഷമാണ് ഹേതുത്വം അത്ര പറ്റും ദോഷം എന്നാൽ കാര്യമുണ്ടാകത്തില്ല അത്രയാണ് വിപരീത പറ്റില്ല അന്യഥാതി കുടജ ബീത ബീജ ബഡാങ്കുരോത്പത്തി പ്രസംഗ അല്ല നിങ്ങൾ ഒരു തർക്കം കൊണ്ടുവരികയാണ് ഇതെല്ലാം തർക്കങ്ങളാണ് യുക്തിവാദമാണ് ഇന്ദ്രിയങ്ങൾക്ക് ദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ കാര്യം ഉണ്ടാകത്തില്ല അല്ല വിപരീത കാര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലാതെ നിങ്ങൾ ഇന്ദ്രിയങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു കാരണത്തിനോ ദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും വിപരീതജ്ഞാനം ഉണ്ടാകുമെന്ന് പറയുകയാണെങ്കിൽ ഒരു തേങ്ങ അത് കേടായി പാകാൻ പറ്റുന്നുണ്ട് കേടായ തേങ്ങ അത് പായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കമുണ്ടാവും ഉണ്ടാവും ചക്കയുടെ കുരു ചക്കുരു അത് കേടായി പായ്ക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാവ് ഉണ്ടാവും അപ്പോൾ ഒരു കാരണത്തിന് എന്തെങ്കിലും കേട് സംഭവിച്ചാൽ അതിന് വിപരീതമായൊരു കാര്യം ഉണ്ടാകത്തില്ല അതിനൊന്നും കാര്യമുണ്ടാകില്ല അത്രയും സംഭവിക്കത്തുള്ളൂ ആണ് പറയുന്നത് അന്യഥ നിങ്ങൾ വാശി പിടിക്കണെന്താണ് ഒരു കാരണത്തിന് ദോഷം വന്നു കഴിഞ്ഞാൽ വിപരീത കാര്യം ഉണ്ടാകുമെന്ന് പറയുകയാണെങ്കിൽ അതിൽ വരുന്ന ദോഷമാണ് ദുഷ്ടാദി കുടജീചാ കേടായ കുടകബീജം കുടകം എന്ന് വെച്ചാൽ കുടകപ്പാല കുടകബീജം കുടകപ്പാല അരി കേടായ കുടകപ്പാലരി കുടകപ്പാലരി അറിയാമോ എവിടെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഏ ഏ എന്തു കൊണ്ടെറി അറിഞ്ഞില്ലെങ്കിലും കണക്കായിരുന്നു ഈ കാര്യം മനസ്സിലാക്കിയ കുടകബീജ കുടജീജ കുടകപ്പാല അരിയിൽ നിന്ന് ദുഷിച്ച വടാങ്കുര ഉത്പത്തി പ്രസംഗം അതിൽ നിന്ന് എന്തുണ്ടാവും വടാങ്കുരം ആലുണ്ടാവും അതായത് കുടകപ്പാല അരി എരി കടിച്ച് എരി കടിച്ചാൽ അതിൽ നിന്നുണ്ടാവും ആലാണ് കടിച്ചു വരുന്നതെന്ന് പറയേണ്ടി വരങ്ങനെ സംഭവിക്കും ഒരു വസ്തു ഒരു കാരണത്തിന് ദോഷം വന്നാൽ വിപരീത കാര്യം ഉണ്ടാകത്തില്ല കാര്യം ഉണ്ടാകാതിരിക്കയോ എന്നാരും പറയുന്നു പ്രാഭാകരന്മാർ പറയുകയാണ് അപ്പോൾ ഒരു ചോദ്യം വരും അമ്പോ മഞ്ഞപ്പിത്തം ബാധിച്ചവൻ ശങ്കിനെ മഞ്ഞയായിട്ട് കാണുന്നതോ ശങ്കുമെന്ന് പറയുന്നതോ ദോഷണ്ടല്ലേ ഏ ആണോ അതുകൊണ്ടപ്പോ അത് ഭ്രാന്തി അല്ലേ മഞ്ഞ അല്ലാത്തോണ്ട ഭ്രാന്തി പറയും അപ്പൊ ആ അറിവിനെ സംഘം മഞ്ഞരാൾ പറയണെങ്കിൽ അത് ഭ്രാന്തി അല്ലേ മഞ്ഞപ്പീത്തം കാണുന്നു പിടിച്ചും എല്ലാം മഞ്ഞ കാണും അത് ഭ്രാന്തി എല്ലാം മഞ്ഞയാവും ഇവിടുത്തെ പേപ്പർ നോക്കിയിട്ടും പറയും മഞ്ഞയാണോ അത് ഭ്രാന്തിയല്ലേ പിന്നെ കണ്ണില് കാ തിബരം വന്നു രണ്ട് ചന്ദ്രനെ കാണുന്നില്ലേ അതൊക്കെ ഭ്രാന്തി കണ്ണില് ദോഷം വന്നിട്ടില്ലേ കാണുന്നു അല്ലേ അപ്പൊ അതിന് എപ്പോഴും അറിഞ്ഞിരിക്കണെന്താണോ ഈ പറയുന്ന ആൾക്കാർ ഭ്രാന്തി എന്ന് പറയുന്ന ഒരു പരിപാടി അംഗീകരിക്കുന്നില്ല അതൊന്നും ഭ്രാന്തിയല്ല മനസിലായോ അതാണ് ഇനി പറയാൻ പോകുന്നത് സ്വഗോചര വ്യഭിചാര വിജ്ഞാനം സർവത്ര അപ്പൊ ഞാൻ ഈ പുസ്തകത്തെ കാണുന്നു എന്റെ അറിവിന്റെ വിഷയമാണ് പുസ്തകം എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ എനിക്ക് എന്റെ അറിവിനെ വിശ്വസിച്ചേ പറ്റും ഞാൻ അറിയുന്ന പുസ്തകത്തെയാണ് ഞാൻ മൊബൈലിനെ കാണുന്നു എനിക്കെന്റെ അറിവിനെ വിശ്വസിച്ചേ പറ്റിയത് മൊബൈലാണോ മേസാണോ എന്താണോ നിങ്ങൾ പറയുകയാണ് എന്താണോ അറിവ് ഭ്രാന്തിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിൽ അങ്ങനെ നിങ്ങളൊരു നിലപാടെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിവിനെ വിശ്വസിക്കാൻ വയ്യാറ് എന്ന് പറഞ്ഞാൽ ഏതറിവാണ് ശരിയായ അറിവ് ഏതറിവാണ് ഭ്രാന്തി ആണെന്ന് നിങ്ങളങ്ങനെ തിരിച്ചറിയും <laughs> <laughs> <honz> ീ കാണുന്നത് എന്താണോ ഈ മുമ്പേ ഇരിക്കുന്ന ഈ സ്വാമിയാണോ എന്ന് ഞാനിങ്ങനെ ഉറപ്പിക്കും എന്നിങ്ങനെ ഉറപ്പിക്കും കാരണം അറിവ് എന്ത് വരാം യഥാർത്ഥമായും വരാം അതാർത്ഥം വരും അപ്പൊ ഈ ഞാൻ കാണുന്ന ആൾ ഈ ആളാണോ എന്ന് ഞാൻ ഇങ്ങനെ ഉറപ്പിക്കും അറിവ് ഭ്രാന്തമായി ഉണ്ടാകാമെന്ന് സംബന്ധിച്ച യഥാർത്ഥം ഭ്രാന്തി എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത എന്താ അറിവിൽ നമുക്ക് വിശ്വസിക്കാൻ പയ്യാറ് കാരണം അറിവെന്ന് പറയുന്ന എന്താവും ചിലപ്പോൾ യഥാർത്ഥമാവും അറിവിനെ നമുക്ക് വിശ്വസിച്ചേ പറ്റും എന്തുകൊണ്ട് അറിവിനെ ആശ്രയിച്ചാണ് നമ്മുടെ എല്ലാ പ്രവർത്തികളും എല്ലാ വ്യവഹാരങ്ങളും നടക്കുന്ന അറിവിനെ ആശ്രയിച്ചിട്ടാണ് അറിവിനെ അനുസരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശ്വാസം വിടാൻ പറ്റാൻ പറ്റില്ല നമ്മൾ ഇരിക്കുന്നു എഴുന്നേക്കുന്നു ഉണ്ണുന്നു ഉറങ്ങുന്നു ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്ത് ചെയ്യുന്നു എന്താണ് നമ്മള് അറിവ് യഥാർത്ഥമാണെന്നുള്ള ധാരണയിലായി അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങള് ഭക്ഷണം കഴിക്കുന്നു മുമ്പ് കൊണ്ടുവെച്ചു ഇതൊരു ഭ്രാന്തിയാണെന്ന് തോന്നിയാ ഭക്ഷണം കഴിക്കാൻ പറ്റും പറ്റൂ നിങ്ങള് എന്റെ മുമ്പേ ഇരിക്കുന്നു തോന്നുന്നതാണ് ഞാനിവിടെ ഇരിക്കുന്ന ഒരു ഭ്രാന്തിയാണെന്ന് തോന്നിയോ ആ കുഴപ്പം അല്ലേ ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കുന്നതൊക്കെ ഭ്രാന്തിയാണെന്ന് തോന്നി അറിവിന് ്രാന്തി യഥാർത്ഥം അങ്ങനെ ഉണ്ടായിത്തിരിക്കാനേ പറ്റില്ല ഇത് പ്രഭാകത്തിന്റെ ഒരു പ്രബലമായ വാദമാണ് ഒരു തർക്കമാണ് എന്താണ് അറിവ് അറിവ് ഒരിക്കലും അറിവ് ഒരിക്കലും ഭ്രാന്തി അല്ല ആകത്ത ആയിക്കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാതും കാരണം ഏത് ഭ്രാന്തി യഥാർത്ഥം അതുകൊണ്ട് ഈ അദ്വൈതകളും മറ്റും പറഞ്ഞെന്താണ് ഈ പ്രപഞ്ചമെല്ലാം ഭ്രാന്തിയാണ് അബദ്ധമാണ് ഒരിക്കലും ഒന്നും ഭ്രാന്തിയായി എന്തെങ്കിലും നിങ്ങൾ ഭ്രാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തിയായിരുന്നു ഭ്രാന്തി അല്ലാത്തതെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ആശയക്കുഴപ്പത്തിൽ നിങ്ങൾ പെട്ടോ യഥാർത്ഥം ഏതാർത്ഥം തിരിച്ചറിയാത്ത വൈഷമ്യത്തിൽ ചെന്നാണ് അതുകൊണ്ട് ഭ്രാന്തി എന്ന് പറയുന്ന എന്ന് പറയുന്ന നിങ്ങളുടെ സിദ്ധാന്തമേ ശരിയല്ല അപ്പൊ വീണ്ടും ചോദിക്കൂ രജ്ജുലെ സർപ്പമോ കാര്യ കണ്ടിട്ട് സർപ്പം ഭ്രമിക്കുന്നതോ അന്നുകൊണ്ടോ ഏത് ണോല്ലേ രജ്ജുവിന് സർപ്പമൊന്നുമുണ്ട് മുത്തിച്ചിപ്പിയെ വെള്ളിയൊന്നും കൊണ്ട് ഇതൊന്നും ഭ്രാന്തി അല്ലേ ഇതൊക്കെ മനുഷ്യർ ഇങ്ങനെ അനുഭവങ്ങളുണ്ടാവില്ല ഇപ്പൊ അറിയാമോന്ന ചോദിച്ചാൽ നമ്മള് പലതും ചെറിയ ഇതൊന്നും ഭ്രാന്തി അല്ല മനസിലായു സർപ്പം ശക്തികാരം ഇതൊന്നും ഭ്രാന്തി പ്രപഞ്ചം ഭ്രാന്തി അല്ല ഭ്രാന്തി എന്ന് പറയുന്ന ഒരു അനുഭവമേ ഇല്ല മനുഷ്യന്റെ എല്ലാ അനുഭവങ്ങളും എന്താണ് യഥാർത്ഥത്തിൽ തന്നെയാണ് ഈ അദ്വൈതികളിങ്ങനെ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുക ഭ്രാന്തിയാണ് ലോകം ഭ്രാന്തിയാണ് പറഞ്ഞു പറഞ്ഞ് ആൾക്കാരെയൊക്കെ എന്താക്കുന്നു ഭ്രാന്തന്മാരാക്കുന്നു എന്നാര് പറയുന്നു പ്രഭാവര ഗുരു പറയുന്നു നിങ്ങളുടെ ഈ തട്ടിപ്പ് ഇനിയെങ്കിലും അവസാനിക്കുന്നു ഭ്രാന്തി ഭ്രാന്തി അങ്ങനെ ഒരു ഭ്രാന്തിയേ ഇല്ല ഒരു മനുഷ്യനുമില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകത്തുമില്ല എല്ലാ അനുഭവങ്ങളും എന്താണോ യഥാർത്ഥമാണ് പിന്നെ രജ്ജു സർപ്പ രജ്ജു സർപ്പജ്ഞാനം ഇല്ലെന്നല്ല പറയുന്നു സർപ്പജ്ഞാനമുണ്ട് പക്ഷെ അത് ഭ്രാന്തിയല്ല യഥാർത്ഥമാണ് ഇത് എന്താണ് ബൌദ്ധന്മാരെ വേരോടെ മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്വൈതിയുടെ വേരെന്ത് ചെയ്യും പോയി പിന്നെ അദ്വൈതിയും കിളിക്കാൻ പറ്റത്തില്ല അദ്വൈതീയുടെ വേരെവിടെ കിടക്കുന്നു ബൗദ്ധരിയുടെ കിടക്കും ബൌദ്ധരെ നകുന്ന വേര് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്വൈതി തീർന്നു അദ്വൈതയുടെ കാറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ദർശനങ്ങളിൽ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട് മനസ്സിലാക്കും നമ്മളേതെങ്കിലും ഒന്നും മാറി ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഇതാണ് അവസാനത്തെന്നൊന്നിനെ കുറിച്ചും ധരിക്കരുത് പ്രാചീനമായ വിഷയങ്ങളിലായാലും ശരി ആധുനികമായ വിഷയങ്ങളിലായാലും ശരി എന്റെ അറിവ് അവസാനത്തെ അറിവാണെന്ന് ഒരറിവിനെ കുറിച്ച് ധരിക്കരുത് ആരുടെ അറിവും എന്താണ് അവസാനത്തെ അറിവല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തറിയുമ്പോഴും എന്ത് കാണും ഇനി അറിയാൻ ബാക്കി ഒരുപാട് കിടക്കുള്ളൂ നിങ്ങൾ ഏത് വിഷയത്താണോ അറിഞ്ഞാൽ ആ വിഷയത്തിൽ തന്നെ ഇതൊക്കെ മനസ്സിലാക്കുന്ന അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി സാമർഥ്യം ഇല്ലെങ്കിലും ഈ കാര്യം മനസ്സിലാക്കണം നിങ്ങൾ എന്തിനാണോ അറിഞ്ഞു എന്ന് കരുതുന്നത് നിങ്ങൾ എന്തിനാണോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെന്താണോ അറിയാൻ പോകുന്നത് അവിടെയൊക്കെ എന്തുണ്ട് അറിയാൻ ഒരുപാട് ബാക്കിയുണ്ട് അതാണ് ഇതിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മളീ ദർശനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതമാണ് അത് അവസാന ചേരുവാണ് എല്ലാം എന്താണ് ബ്രഹ്മസത്യം നിത്യനോണ്ടെല്ലാം തീർന്നു എന്നും ധരിക്കാൻ പാടുള്ള അത് പല ചിന്തകളിലൊന്നു മാത്രം പ്രാചീനമായ പല ചിന്തകളിൽ ഒന്നു മാത്രമാണ് അപ്പോ എന്താണ് ഒന്നും അസ്ഥി പിടിക്കാതെ നോക്കണം മനസിലാക്കും പിടിക്കരുത്യപിടിക്കരുത് എല്ലാം നമ്മള് മനസിലാക്കുക മനസിലാക്കുമ്പോ തന്നെ മനസ്സിലാക്കുക എന്താണ് ഇനിയും ബാക്കി ഒരുപാട് ബാക്കി കിടപ്പുണ്ട് അതാണ് അതിന്റെ മര്യാദ കുറച്ച് മര്യാദ വേണ്ടേ വേണം അതാണ് നല്ലത് ഏ കേട്ടിട്ടില്ല എവിടെയൊക്കെ പോയി അതാണ് ഇത് അത് മനസ്സിലാകാനാണ് നമ്മളിത് ഈ പറയുന്ന വ്യക്തികളോ തർക്കങ്ങളോന്നോ ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും ഒരാള് അങ്ങനെ ഉറപ്പിച്ചു പറയണം ഈ ലോകത്ത് ഭ്രാന്തിജ്ഞാനം അങ്ങനെ ഒരു അറിവേയില്ല മനുഷ്യർ മനസ്സിലാവും അപ്പോൾ ഈ പ്രപഞ്ചയാഥാർഥ്യം എന്ന് പറയുന്നത് നമ്മളും പ്രപഞ്ചത്തിന്റെ യാഥാഭാഗമാണ് നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് നമ്മുടെ അറിവിലൊതുങ്ങുന്ന കാര്യമാണ് നമ്മളെത്രയൊക്കെ അറിഞ്ഞാലും എന്ത് വരും അതാണ് നമ്മുടെ കവി പറഞ്ഞ എന്താണ് തിരിയാ ലോകരഹസ്യം ആർക്കും ആരാണെന്ന് കണ്ടുപിടിച്ച പറഞ്ഞത് ആരാണ് കണ്ടുപിടിച്ചത് ഇത് വളരെ പ്രധാനമായൊരു സംഗതി ഇത് എന്താണ് വ്യക്തിവാദ സദസ്സുകൾ താർക്കിക സദസ്സുകളൊക്കെ വരുമ്പോ ഈ ഒരു ആശയത്തെ പണിക്കുന്നതിന് പല വഴികളുമുണ്ട് ഇതിനെയൊക്കെ നിഷേധിക്കാം പക്ഷെ അത് അവിടെ നിക്കത്തില്ല നമുക്ക് നമ്മുടെ യുക്തിയും ബുദ്ധിയും താർക്കിക ശേഷി എന്ന് ഉപയോഗിച്ചിട്ട് ഒരിടത്തും ഒരിടത്തും അധികകാലം ഉറച്ചിരിക്കാൻ പറ്റില്ല ബുദ്ധിയുണ്ടെങ്കിൽ മനസിലായോ ബുദ്ധിയും യുക്തിയും തർക്കവും ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരിടത്തും അധികാലം പിടിച്ചേക്കാൻ പറ്റില്ല വേൾഡ് റെക്കോർഡുകളൊക്കെ കണ്ടിട്ടില്ലേ എല്ലാ വർഷം എന്തു ചെയ്യും ഇതൊക്കെ പുതുങ്ങിക്കൊണ്ടേ ചെറുപ്പ് വർഷം എഴുപത് വർഷം മുപ്പത് വർഷം എന്തായാലും എന്തു അത് പുതുക്കും ആരെങ്കിലും വന്നത് തകർന്നു എന്തുകൊണ്ട് മനുഷ്യൻ മാർക്ക് വണ്ടിരിക്കും അവന്റെ കഴിവുകള അവന്റെ അറിവെല്ലാം മാർക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ അംഗീകരിച്ചാണീ പറയുന്നത് സ്വഗോചര വ്യഭിചാരേ സ്വഗോചരം എന്ന് വെച്ചാൽ അറിവിന്റെ വിഷയത്തിൽ വ്യഭിചാരം വരിക എന്ന് വെച്ചാൽ മാറ്റം വരിക വിഷയം മാറിപ്പോകാന്ന് വെച്ചാൽ അറിവ് ഭ്രാന്തമാകുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിജ്ഞാനാണ് സർവത്ര അനാശ്വാസ അനാശ്വാസം ആശ്വാസം എന്ന് വെച്ചാൽ വിശ്വാസം അനാശ്വാസം എന്ന് വെച്ചാൽ അവിശ്വാസ പ്രശ്നം എല്ലായിടത്തും എല്ലാവർക്കും സർവത്രം എന്ന് വെച്ചാൽ എല്ലാർക്കും ഒരറിവിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ വരും തസ്മാത് അതുകൊണ്ട് എന്താണ് സർവം ജ്ഞാനം സമീചനം അസ്ഥേയം അതുകൊണ്ട് പറയണം പ്രഭാകര ഗുരു പറയാണ് സർവം ജ്ഞാനം എല്ലാവരും സമീചീനം യഥാർത്ഥമാണെന്ന് അസ്ഥേയം നിങ്ങൾക്ക് സ്വീകരിച്ചേ പറ്റും അല്ലെങ്കിൽ വെറുതെ ചോദ്യത്തിന് മറുപടി പറയുന്നവരാണ് അങ്ങനല്ല എന്നൊക്കെ സമർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് നോക്കാം നമസ്തേണ്ടിക്കണന്ന് ഉറപ്പ് Master. രജതമിതമിതി അനുഭവ രൂപ ഇനി താൻ പറയുന്ന കാര്യത്തെ സമർത്ഥിക്കുകയാണ് അതിന് യുക്തിയുക്തമായി വിശദീകരിക്കുകയാണ് രജതമിതം മുത്തുച്ചു വെള്ളിയാണെന്നുള്ള അനുഭവം ഇത് രജതമാണ് എന്നുള്ള ആ അനുഭവം നമ്മൾ അതിനെ ഭ്രാന്തി പഠിച്ചു വെച്ചിരിക്കുന്നു അദ്വൈതം പഠിക്കുന്നവരെല്ലാം പറയും എന്താണ് ഇത് ഭ്രാന്തിയാണ് ഇവിടെ ഇത് ഭ്രാന്തിയല്ല അവിടെ എന്താണ് ഈത് രജതം ഈത്ത് എന്ന് പറയുന്ന പ്രത്യക്ഷം രജതം എന്ന് പറയുന്നത് സ്മൃതിയാണ് ഇവിടെ രണ്ട് ജ്ഞാനമാണ് ഈതൻ രജതം എന്ന് പറയുന്നത് രണ്ട് ജ്ഞാനമാണ് ഏതൊക്കെ ഉം ആ ഈതോന്നു പറയുന്നത് എന്താണ് എന്താണ് എന്താണോ പറഞ്ഞത് അത് പ്രത്യക്ഷം എന്ന് പറയുന്നതോ സ്മൃതി രണ്ട് ജ്ഞാനങ്ങളാണ് അവിടെയുള്ള അല്ലാതെ ഭ്രാന്തി അല്ല അയം സർപ്പഹ ഇത് സർപ്പമാണെന്ന് പറയുന്നിടത്തോ അത് തന്നെ ഇത് പ്രത്യക്ഷം സർപ്പം സ്മൃതി സർവത്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം മനസ്സിലാക്കി തഥാച രജതം ഇതമിരി പറയുന്നവർക്ക് ദ്വിജ്ഞാനി രണ്ട് വിജ്ഞാനങ്ങളാണ് സ്മൃത്യനുഭവരൂപേ ഒന്ന് സ്മൃതിയും മറ്റൊന്ന് അനുഭവമാണ് ഇതമിരി പുരോവർത്തിദ്രവ്യമാത്ര ഗ്രഹണം ചോദിക്കുന്ന അവിടെ ഇതം എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനാ മനസ്സിലാക്കുന്നത് പുരോവർത്തിദ്രവ്യം മുമ്പിൽ കിടക്കുന്ന വസ്തു ദ്രവ്യം എന്ന് വെച്ചോള വസ്തു എന്നുള്ള അർത്ഥത്തിലാണ് ഇത് എന്ന് പറയുന്ന ആ മുമ്പിൽ കിടക്കുന്ന വസ്തുവിനെയാണ് ഗ്രഹിക്കുന്നത് അതാണന്തോ വിരൽ ചൂണ്ടി പറയേണ്ടതാ ഇവിടെ ഒരു വെള്ളിക്കഷ്ണം കിടക്കുന്നു കിടക്കുന്നതെന്താ അവിടെ മുത്തുച്ചിപ്പിയാണ് അപ്പൊ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന മുന്നിൽ കിടക്കുന്ന വസ്തുവിനെയാണ് ഏ എന്നുവെച്ചാ ശുക്തിത്വേന ശുക്തി അറിയുന്നില്ല ഇത് മുത്തുച്ചിപ്പിയാണ് എന്നിങ്ങനെ അതിനെ അറിയുന്നില്ല പക്ഷേ ഒരു വസ്തുവാണെന്ന് അറിയുന്നു അപ്പൊ അവിടെ നമുക്ക് സംഭവിക്കുന്നത് എന്താണ് ഒരു വസ്തുവിന്റെ പ്രത്യക്ഷമാണ് മനസ്സിലായാ ഉണ്ടേ എന്ത് മനസ്സിലായി ഇത് എന്ന് പറയുന്നത് പുരോഗതി എന്ന് വെച്ചാൽ മുമ്പിൽ ഉള്ള ദ്രവ്യമാത്രഗ്രഹണം എന്നു വെച്ചാൽ വസ്തുമാത്രഗ്രഹണം വസ്തുമാത്രത്തെ വിരഹിക്കുന്നു അറിയുന്നു ദോഷവശാദ് തദ്ഗതശുക്തി സാമാന്യ വിശേഷ അവിടെ ദോഷം കൊണ്ട് ദോഷമെന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോ മുത്തുച്ചുപ്പിയെ കണ്ടിട്ട് വെള്ളി എന്നൊരാള് മനസിലാക്കുന്നിടത്ത് അവിടെ ഒരു ദോഷമുണ്ടായി എന്താണോ ദോഷം അതിശക്തമായ പ്രകാശം അതിശക്തമായ അങ്ങനെ ദോഷമാക്ക ശക്തമായ പ്രകാശം ഓടിക്കുന്നു നേരിട്ട് അപ്പൊ അതിലൊരു റിഫ്ലക്ഷൻ സംഭവിക്കുന്നു അത് മിനുസം ഉള്ള പ്രതലമുള്ള സാധനമാണ് ചിട്ടി അപ്പോ ദോഷം കൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു ശുക്തിത്വ സാമാന്യ വിശേഷം ശുക്തി സാമാന്യ വിശേഷ ശുക്തിത്വ സാമാ ശക്തിത്വത്തിന്റെ പേരാണ് സാമാന്യ വിശേഷം സാമാന്യം എന്ന് പറയുന്നത് എല്ലായിടത്തും ഇരിക്കുന്നതാണ് സാമാന്യം വിശേഷം എന്ന് പറയുന്നത് ഒന്നിന്റെ ഇരിക്കുന്നത് ശുക്തിത്വം എന്ന് പറയുന്നത് എന്താണ് ഒരു സാമാന്യ വിശേഷമാണ് കാരണം അത് ശുക്തിയിൽ മാത്രം ഇരിക്കുന്നതാണ് മനസ്സിലായോ ഒന്നിൽ മാത്രം ഇരിക്കുന്നതിനാണെന്ന് പറയുന്നത് സാമാന്യം സാമാന്യമാണ് ദോഷവിശേഷത്തിലേ ഇരിക്കുന്ന ശുക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോത്വം എന്ന് പറഞ്ഞാൽ സാമാന്യമാവും പക്ഷെ ഗോത്വം എന്ന് പറയുന്നത് ഒരു സാമാന്യം മാത്രമുള്ള ഒരു സാമാന്യ വിശേഷവുമാണ് എന്തുകൊണ്ട് അതുപോലെ മാത്രേ ഇരിക്കുന്നു അപ്പോ നിങ്ങൾ ആ വസ്തുവിനെ കാണുമ്പം എന്താണ് ശക്തിത്വത്തെ ഗ്രഹിക്കുന്നില്ല സാമാന്യ വിശേഷത്തെ ഗ്രഹിക്കുന്നില്ല ഗ്രഹിച്ച ശക്തിയാണെന്ന് അറിയും മനസ്സിലായ പറയുന്നത് ദോഷ അതുകൊണ്ട് ദോഷവശ തദ്ധ എന്ന് വെച്ചാൽ വസ്തുവിലുള്ള ശക്തി സാമാന്യ വിശേഷ അഗ്രഹ ശുക്തിത്വമാകുന്ന സാമാന്യ വിശേഷത്തെ ഗ്രഹിക്കുന്നില്ല തൻ മാത്രം ഗ്രഹീന്ന് തന്മാത്രം വസ്തു മാത്രം കേവലം മുമ്പിപ്പിറക്കുന്ന വസ്തുവിന് മാത്രം അറിയും ആര് രചതമായിട്ട് അതിനറിയുന്നതാണ് ്രമ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആളെ വസ്തുവിനെ മാത്രം ഗ്രഹിക്കുന്നു അതിന് മാത്രം അറിഞ്ഞിട്ട് സദൃശ്യതയാ പക്ഷെ അവിടെ എന്തു വരുന്നു അയാളുടെ മനസ്സിലൊരു സാദൃശ്യം വരുന്നു എന്നൊരു നല്ല പ്രകാശം കൊണ്ട് ആ മുത്തിച്ചു പി റിഫ്ലക്റ്റ് ചെയ്യാണ് അപ്പോൾ ഒരു സാദൃശ്യം വരുന്നു വെള്ളിയുമായിട്ട് സാദൃശ്യം വരുന്നു സാദൃശ്യം വരുമ്പോൾ സദൃശ്യതയാ സംസ്കാരോദ്ബോധക്രമേണ അവന്റെ ഉള്ളിലെന്തുണ്ട് സംസ്കാരം എന്തിന്റെ സംസ്കാരം രജത്തെ സംസ്കാരം വണ്ടിയുടെ സംസ്കാരം ഉണ്ട് അത് ഉണരുന്നു സാധാരണ പഴയകാലത്ത് ധരിച്ചിരുന്നങ്ങനെയാണ് എന്താണ് നമ്മുടെ ഉള്ളിൽ സംസ്കാരങ്ങൾ ഉണരുമ്പോഴാണ് സ്മൃതി ഉണ്ടാവും സ്മരണയുണ്ടാവും അപ്പോൾ എല്ലാ നമ്മുടെ ദാർശനികന്മാരും അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരുന്നത് ഇന്നത്തെ ന്യൂറോ സയൻസിനെ കുറിച്ചൊന്നും ആൾക്കാർക്ക് അപ്പോൾ സ്മരണ ഉണ്ടാവുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ബ്രെയിനിൽ രാസപ്രവർത്തനങ്ങൾ അങ്ങനെ സംഭവിക്കുന്നു അത് സംഭവിക്കുന്നു അതിനെക്കുറിച്ചൊക്കെ ഇന്ന് ഒരുപാട് ധാരണയുണ്ട് മനുഷ്യർ പണ്ടതൊന്നും ഇല്ലേ അപ്പം അവർ എളുപ്പത്തിൽ കണ്ടെത്തിയ സമാധാനം എന്താണ് നമ്മൾ എന്തിനെങ്കിലും സ്മരിക്കുമ്പോൾ മുമ്പ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഒരു സംസ്കാരം നമ്മുടെ ചിത്തത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ ചിത്തത്തിലിരുന്നു ചിലർ പറയും ആത്മാവിൻ്റെ ഇരുന്നു എന്ന് പറയും മനസ്സിലാവുക ഇന്ന് മനുഷ്യൻ പറയുന്നത് എന്താണ് ഇതൊക്കെ എന്തിനെ ആശ്രയിച്ചടങ്ങുന്നത് ബ്രെയിനിനെ ആശ്രയിച്ചിട്ടാണ് ഇന്നത്തെ ഇന്നെങ്ങനെ മനുഷ്യൻ മനസ്സിലാക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം കാരണം നമ്മൾ ഇന്നത്തെ ലോകത്തായി ജീവിച്ചിരിക്കുന്നു ചിത്തം മനസ്സെന്ന് പറയുന്നത് എന്താണോ ഇതൊരു വസ്തുവല്ല എന്താണ് ഇന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ് വസ്തുവല്ല അതിലൊന്ന് ഇരിക്കാനോ ഇറങ്ങി പോകാനോ ഒന്നും അവിടെ ഇടമില്ല പക്ഷെ പണ്ട് ധരിച്ചിട്ട് എന്താണോ മനസ്സെന്ന് പറയുന്നതും മറ്റ് പദാർത്ഥങ്ങളെ പോലെ തന്നെ ഒരു വസ്തുവാണ് അപ്പൊ ആ മനസ്സിൽ എന്തിരിക്കുക എന്തിരിക്കാം ഈ സംസ്കാരത്തിൽ ഇരിക്കാം അല്ലെങ്കിൽ ആത്മാവിനിരിക്കാം അത് അവർ അങ്ങനെ ഊഹത്തിലൂടെ കണ്ടെത്തിയാണ് അതൊക്കെ ഇപ്പോ എന്ത് ചെയ്യുന്നു മുമ്പിൽ വസ്തുവിനെ കാണുന്നു പെട്ടെന്ന് മനസ്സിലെന്ത് വരുന്നു സാദൃശ്യം ബോധമുണ്ടാകുന്നു ഉടനെന്ത് ചെയ്യുന്നു ചിത്തത്തിലിരിക്കുന്ന സംസ്കാരം ഉണരുന്നു ഉടൻ സ്മൃതി വരുന്നു എന്തിന്റെ വള്ളിയുടെ സ്മൃതി വരുന്നു അപ്പൊ മുമ്പിൽ ഇതിൽ നിന്ന് കാണുന്നു ഉള്ളിൽ വള്ളിയുടെ സ്മരണ വരുന്നു അപ്പോൾ ഇത് ഇതം രജതം ഇത് വെള്ളിയാണോ എന്ന് ബോധമുണ്ടോ പക്ഷെ എന്റെ ഇടയ്ക്ക് ഒന്ന് സംഭവിക്കണെന്താണ് സംസ്കാരോദ്ബോധം ഉള്ളിലിരിക്കുന്ന സംസ്കാരം ഉണരണം അതാണ് സം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് തന്മാത്രം ഗ്രഹീതം ആ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ മാത്രം ഗ്രഹിച്ചു സദൃശതയാണുന്ന തിളക്കവും രജതവുമായിട്ട് സാദൃശ്യമുള്ളത് കൊണ്ട് സംസ്കാര ഉദ്ബോധക്രമേണ ഉള്ളിലിരിക്കുന്ന സംസ്കാരം ഉണർന്നിട്ട് ക്രമമായി ആ ദ്വീപിനെ കാണുക പിന്നെ സാദൃശ്യബോധം ഉണ്ടാവുക എന്നുള്ള സംസ്കാരം ഉണരുക ഈ ക്രമത്തിൽ രജത്തെ സ്മൃതി ജനകീയ രജതഭിഷേകമായ സ്മൃതി ഉണ്ടാവുന്നു രജത്തെ സംബന്ധിച്ചുള്ള സ്മൃതി ഉണ്ടാവുന്നു ക്ലിയർ ഉണ്ടായാ ക്ലിയർ ആയ വരെ പറഞ്ഞൊക്കെ മനസ്സിലായാലേ ഇനി പറയുന്ന ഭാവം മനസ്സിലാകത്തർക്കാണ് ഇവരെ പറഞ്ഞൊക്കെ മനസിലായുടുന്നു അപ്പൊ ഇവിടെ രണ്ടു കാര്യങ്ങളാണ് ഒന്ന് ഇത് എന്ന് പറയുന്നത് പ്രത്യക്ഷം മറ്റൊന്ന് രഹിതം മായ കാര്യമാണ് ഏത് ഏതഭ്രമം രേതഭ്രമം മനസിലാക നിസ്സാരമായ കാര്യം പക്ഷെ അതിനെ കുറിച്ച് അവരെത്ര ദിവസം കുത്തിയിരുന്ന് ചിന്തിച്ചിരുന്നു എത്രയോ ഗഹനമായി ഗഹനമായി ഗഹനമായി ചിന്തിച്ചു അതുകൊണ്ട് ഗുണമുണ്ട് എന്താണ് ഗുണം അവർക്കിങ്ങനെയുള്ള ദർശനങ്ങൾ ആവിഷ്കരിക്കാൻ പറ്റും മനസ്സിലായോ അവരുടെ ശ്രദ്ധയിതായ കൊണ്ട് അവർക്കിങ്ങനെയുള്ള ദർശനങ്ങൾ അവർക്ക് ഒരുപാട് ആവിഷ്കരിക്കാൻ പറ്റും ഒരുപാട് ചിന്തിച്ച് ഒരുപാട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അതുകൊണ്ട് ഉണ്ടായി എന്താണ് ജീവിതം ഇത് രസമല്ല ഇപ്പം നിങ്ങളുടെ ജീവിതം നിങ്ങൾ നഷ്ടമെന്ന് കരുതുന്നുണ്ടോ പിന്നെ ഇതൊക്കെ മനസ്സിലാകുന്നത് നഷ്ടമെന്ന് വിചാരിച്ചാലേ ഉള്ളൂ നഷ്ടം എന്ന് വിചാരിക്കുന്നവർ ഇതിനൊന്നും പോകത്തില്ലല്ലോ ജീവിതം നഷ്ടമൊന്നും പറയാൻ പറ്റില്ല പക്ഷെ കാര്യമായൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ചിന്തയുടെ ഒരു പാരമ്പര്യം എന്ന് വെച്ചാൽ ഒരു കുറഞ്ഞ വർഷം വളരെ ശക്തമായൊരു രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുണ്ട് മനസ്സിലായോ അപ്പം നമ്മൾ നിരന്തരം ഇതിനെക്കുറിച്ച് ചിന്തിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം കൊണ്ടാണ് നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെല്ലാം പിറയിലേക്ക് പോയത് മനസ്സിലായോ നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൊക്കെ എവിടെ പോയി പുറയിലോട്ട് പോയി എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാരും യോജിക്കത്തിട്ടില്ല ഉണ്ടാ നമ്മളിങ്ങനെ ഇതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു ചിന്തിച്ചു ആ ചിന്തയുടെ ലോകത്തിലേക്ക് പോയപ്പോ എന്ത് ചെയ്തു നമ്മള് വാസ്തവ ലോകത്തിൽ നിന്ന് യഥാർത്ഥ ലോകത്തിൽ നിന്ന് ഒരുപാടകന്നുപോയി ഉം അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ചരിത്രം എത്ര വർഷമുണ്ട് എന്നാലും ഒരു ഉദ്ദേശം എത്ര ആ എത്ര വർഷം ഒരു ഉദ്ദേശം അതിൻ്റെ ഒരു വികാസം തുടങ്ങിയിട്ടൊരു ഇരുന്നൂറ് വർഷമായിട്ടുള്ളു അല്ലേ അവരിന്നിപ്പോ ശാസ്ത്ര സാങ്കേതികവിദ്യയിൽ എവിടെ നിൽക്കുന്നു നമ്മുടെ വികാസം ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത് എന്ത് സായിപ്പന്മാരീന്ന് പഠിച്ചു തുടങ്ങി ഇപ്പൊ നമ്മൾ സ്വയം പഠനം നമ്മൾ ചെയ്തു പക്ഷെ നമുക്ക് ചിന്തയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് രണ്ടായിരം വർഷത്തെ പാരമ്പര്യം ഉണ്ട് അവർക്ക് കൂടി ഒന്ന് ഇരുന്നൂറ് വർഷത്തെ പാരമ്പര്യമാണ് അപ്പോ ഡയറക്ഷൻ ചിന്തയുടെ ഡയറക്ഷന് വന്ന മാറ്റം എന്ന് പറഞ്ഞ അർഷ സംസ്കാരവാദികളൊക്കെ എൻ്റെ തോടെ കയറും പക്ഷേ പറയാതിരിക്കാൻ പറ്റിയിരുന്നു